ഉപനിഷത്തിൽ വേദത്തില് കർമ്മ ഉണ്ട് ഉപാസന ഉണ്ട് ജ്ഞാനുണ്ട് എന്ന് പറഞ്ഞു ഈ കർമ്മവും ഉപാസനയും എല്ലാവർക്കും വേറെ വേറെ ആയിരിക്കും ജ്ഞാനം എല്ലാവർക്കും ഒന്നാണ് ജ്ഞാനം ചെയ്യുന്ന ആൾക്കെ ആശ്രയിച്ചിട്ടല്ല ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും വസ്തുതന്ത്രോ ഭവേദ് ബോധ കർത്തൃതന്ത്രം ഉപാസനം ഈ ഉപാസന കർത്താവിന്റെ സ്വഭാവത്തിനനുസരിച്ച് മാറും അതുമാത്രല്ല ഓരോ ജ്ഞാനപരമ്പരയിലും അവരുടേതായ ഒരു ഉപാസനാ സമ്പ്രദായമുണ്ട് ആ ഉപാസനാ സമ്പ്രദായങ്ങളിലാണ് ഓരോ പരമ്പരയും വ്യത്യാസപ്പെടുന്നത് അദ്വൈതജ്ഞാന പരമ്പരയിൽ തന്നെ ശങ്കര മഠങ്ങളിൽ തന്നെ ഓരോ മഠത്തിനും ഉപാസനാ സമ്പ്രദായം വ്യത്യാസമുണ്ട് ഭഗവാൻ രമണ ഭഗവാന്റെ സമ്പ്രദായത്തിൽ ജ്ഞാനം എല്ലായിടത്തും സമാനമാണ് പുസ്തകം ഇംഗ്ലീഷിൽ പുസ്തകം വായിച്ചാൽ ഇറ്റ് സോ കൺവിൻസിങ് റാഷണൽ ഉപാസന നിങ്ങൾ അരുണാചല ക്ഷേത്രത്തിലേക്ക് വന്നാൽ അവിടെ അരുണാചലം ആ വൈഭവം ആ വിഭൂതി അവിടെ ആ ഗിരി പ്രദക്ഷിണം ആ സാന്നിധ്യം ആ സന്നിധി അവിടുത്തെ രഹസ്യമാണ് രഹസ്യമെന്ന് വെച്ചാൽ ഉപാസനയാണ് ഭാഗവതത്തില് ചതുശ്ലോകി ഭാഗവതം പറയുമ്പോൾ ഭഗവാൻ എന്തൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ജ്ഞാനം വിജ്ഞാനം തത് അംഗം രഹസ്യം എന്നൊക്കെ പറയണ്ടേ അതിൽ രഹസ്യം എന്ന് വെച്ചാൽ ഈ ഉപാസനയാണ് അത് ഓരോ സമ്പ്രദായത്തിനും വേറെയാണ് അത് ഒരു സമ്പ്രദായത്തിന്റെ രഹസ്യം എന്താണെന്ന് ആ സമ്പ്രദായത്തിൽ പോയാലേ മനസ്സിലാവുള്ളൂ ആ ഉപാസന എന്താണെന്ന് ആ സമ്പ്രദായത്തിൽ പോയാലേ മനസ്സിലാവുള്ളൂ ആ രഹസ്യം ആ ഉപാസനയ്ക്കുള്ള വഴിയെ ആണ് വിഭൂതി എന്ന് ജനറൽ കാറ്റഗറി ആയിട്ട് ഭഗവാൻ കുറച്ച് പറഞ്ഞു എവിടെ എവിടെ ഭഗവത് സാന്നിധ്യം കിട്ടുവോ അതൊക്കെ വിഭൂതി ആ വിഭൂതി നമുക്ക് നമ്മളുടെ ഭാവമണ്ഡലത്തിന് ഒരു ആലംബമാണ് ഒരാശ്രയമാണ് ജ്ഞാനമും ഒരു വിളക്ക് കൊടുത്തണമെങ്കിൽ ഒരു തിരി വേണം വിളക്ക് വേണം എണ്ണ വേണം എല്ലാം വേണം ജ്ഞാനം ഈ ദീപം പോലെയാണ് അത് ഈ തിരി എണ്ണ വിളക്കൊക്കെ പോലെ ഉപാസന ഉപാസന ഒക്കെ അതുപോലെയാണ് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് ആ സാഹചര്യം സൃഷ്ടിക്കുമ്പോ യയാ ഭവേത് പുംസാം വ്യുത്പത്തി പ്രത്യകാത്മനി സാശൈവ പ്രക്രിയാജ്ഞ ഉപാസന എന്ന് പറയുന്നത് ഇതിന് മുഴുവനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയാണ് ആ അനുകൂല സാഹചര്യം ആണ് ഉപാസന പറയണത് ഇപ്പൊ ഭഗവൻ നാമ ജപം എന്ന് പറയണത് ഉപാസന ഭക്തി ഉപാസനയാണ് അതിനൊരാശ്രയം വേണം ഒരു ആലംബം വേണം ആ ആലംബത്തിനെയാണ് ഭഗവാൻ ഇവിടെ വിഭൂതി എന്ന് പറയണത് നമ്മൾ തുടർന്ന് ഈ അദ്ധ്യായത്തിൽ കാണാം ശ്ലോകം വായിക്കാം പതിവ് ചൊല്ലാം ശ്രീ ഭഗവാൻ മഹാബാഹൂ ശൃണു മേ പരമം വചഹം പ്രീയമാണ വക്ഷ്യമി ഹിതകാമ്യയാഭവാൻ ഉച്ചചാൻ പറഞ്ഞു ഹേ മഹാബാഹോ അർജുനനെ സംബോധന ചെയ്യാണ് മഹാബാഹു കയ്യെപ്പോഴും ലോകത്തിലെ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ അയമേ ഹസ്തോ ഭഗവാന് അയമേ ഭഗവത്തറ ശ്രീരുദ്രം വേദം പറഞ്ഞു ഈ കൈ എനിക്ക് ഭഗവാനാണെന്ന് ഇത് ഭഗവാനും വേലയാണെന്ന് പറഞ്ഞു ഇനി വ്യാഖ്യാനക്കാരെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ അവര് പുഷ്പാർച്ചന ചെയ്യുമ്പോൾ ഇങ്ങനെ അല്ലേ ഭഗവത്തറ അയമ്മേ ഹസ്തോ ഭഗവാന് കയ്യു കയ്യൂക്കുകൊണ്ടാണല്ലോ കാര്യം നടത്തുന്നത് അപ്പം നമ്മൾ ലോകത്തിൽ പലതും സാധിക്കാൻ പവറുള്ളവർ നമ്മളൊക്കെ മഹാബാഹുക്കളാണ് പല കാര്യങ്ങളും ചെയ്തു പല കാര്യങ്ങളും നേടിയെടുത്തു എല്ലാം നേടിയെടുത്തു പക്ഷെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം അവസാനമാകുമ്പോഴും ബാക്കി നിൽക്കണു എന്താന്ന് വെച്ചാൽ സമാധാനമായിട്ടിരിക്കുകയാണ് എന്തൊക്കെയോ വലിയ വലിയ കാര്യം സാധിച്ച ആളുകൾ അവസാനം പറഞ്ഞത് ഇൻ ദ കോഴ്സ് ഓഫ് എവൻസ് ഐ ലോസ്റ്റ് പീസ് ഓഫ് മൈൻഡ് നോബൽ പ്രൈസ് വേറെ കിട്ടി സമാധാനം എന്തൊക്കെയോ നേടിയെടുത്തു സമാധാനമല്ല ശാന്തി ഇല്ല ഊടി നടന്ന് ലോകത്തിൽ പ്രവർത്തിച്ചു സമാധാനമല്ല നമ്മളുടെ പഴയ ആളുകള് ഒരു സ്ഥലത്ത് ഇരുന്ന് ഊണ് അനുഷ്ഠാനം ചെയ്ത് ജപം ചെയ്ത് സമാധാനമായിട്ടിരുന്നു അവർക്ക് പവറും നമ്മള് ലോകത്തിൽ എത്ര കണ്ട് നമ്മളെ മറ്റുള്ളവർ അറിഞ്ഞു ഇതൊന്നും കാര്യമില്ല ഒരു ലക്ഷം പേര് നമ്മളെ സ്തുതിച്ചാൽ നമുക്ക് ആത്മാനന്ദം വരുമോ ഒന്നും വരില്ല ആളുകൾ വിചാരിക്കുന്നത് ഫെയിമാണ് ഇതിന്റെ അറ്റൈൻമെന്റ് എന്നാണ് നാല് പേര് പുകഴ്ത്തിയാൽ വലിയ കാര്യമായി അതൊരു തരം പനിഷ്മെന്റാണ് ശിക്ഷയാണ് അതൊന്നും സമാധാനത്തിനുള്ള വഴിയല്ല ദുഃഖം നേടിയെടുക്കാം ലോകം മുഴുവൻ നേടിയെടുത്തു തഥയ്ക്കും എന്തൊക്കെയോ കിട്ടിയിട്ട് പിന്നെ എന്താ പിന്നെ എന്ത് പ്രയോജനം ഉള്ളില് ശാന്തി ഇല്ലെങ്കിൽ ആനന്ദം ഇല്ലെങ്കിൽ ഇതൊക്കെ നേടിയെടുത്തിട്ട് എന്ത് കാര്യം ഒരുപാട് പഠിച്ചൊക്കെ കഴിഞ്ഞു സമാധാനം ഇല്ലേ എന്ത് പ്രയോജനം കരണി അല്ലെ ശങ്കരാചാര്യര് വജഗോവിന്ദത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലെ പഠിപ്പിനെയാണ് പിടിച്ചത് സാധാരണ പണം ഭോഗം ഇതൊക്കെയാണ് പറയാ ഏഷണാത്രയം എന്ന് പറഞ്ഞ് ആചാര്യസ്വാമി ആദ്യം പിടിച്ചത് ഈ വിദ്യാഭ്യാസത്തിനെയാണ് ഇത്രയൊക്കെ പഠിച്ച ഇതൊന്നും ഒന്നും രക്ഷിക്കില്ല അപ്പം ഭഗവത്ഭക്തി ഇല്ല ഭഗവത് അനുഭവം ഇല്ലെങ്കിൽ ഇതൊന്നും പ്രയോജനമില്ല അതുകൊണ്ട് ഹേ മഹാബാഹോ ഭൂയയേവ ശൃണു ധാരാളം കേൾക്കുന്നത് സത്സംഗം ഒരു പ്രാവശ്യം കേട്ടാലൊന്നും പോരാ ആവർത്തി രസകൃതുപദേശാത് പൊട്ടൻസി കൂടിക്കൊണ്ടേയിരിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കാം ആയുർവേദത്തിൽ ചില മരുന്നൊക്കെ നൂറ്റി ഒന്ന് ആവർത്തി മുന്നൂറ് ആവർത്തി ഒക്കെ പറയും ആവർത്തിക്ക ആവർത്തിച്ച് ആവർത്തിച്ചത് പൊട്ടൻസി കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ് അതുപോലെ സത്സംഗമും ഒരു പ്രാവശ്യം കേട്ടാലൊന്നും പോരാ നീ എത്ര കണ്ട് ലോകത്തില് പ്രവർത്തിക്കുന്നു അത്ര കണ്ട് സത്സംഗവും വേണം കാരണം സത്സംഗത്തിൽ എന്താണോ കിട്ടുന്നത് അത് ലോകത്തിൽ എവിടെയും കിട്ടില്ല മഹാനുഭാവ സമ്പർക്കാത് സംസാരാർണവ ലംഘനേ യുക്തി സംപ്രാപ്യത രാമ ദൃഢാനാവിക്കാത്ത് അസിഷ്ടന് പറഞ്ഞു ഹേ രാമ മഹാപുരുഷ സമ്പർക്കം കൊണ്ട് ഈ സംസാരാർണവത്തിന് തരണം ചെയ്യാനുള്ള ഒരു യുക്തി കിട്ടും അല്ല കപ്പൽ തോണിക്ക് കപ്പലോട്ടി പോലെ നാവികനെ പോലെ ഈ സംസാരാർണവത്തിന് തരണം ചെയ്യാൻ ഒരു വഴി പിടികിട്ടും പിടിവെള്ളി കിട്ടും അതുകൊണ്ട് സത്സംഗം എവിടെ കിട്ടില്ലയോ അവിടെ ഒരു ദിവസം പോലും തങ്ങിപ്പോകരുത് അധ്യാത്മ സാധനയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ് സത്സംഗം സത്സംഗമില്ലാതെ ജപമില്ല സത്സംഗമില്ലാതെ ധ്യാനമില്ല സത്സംഗമില്ലാതെ ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ ഒന്നുമില്ല സത്സംഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത് പ്രഭാഷണം മാത്രല്ല ഏകാന്തമായിട്ട് ഇരുന്ന് സ്വാനുഭൂതി സമ്പന്നന്മാരായ മഹാപുരുഷന്മാരുടെ അടുത്ത് ഒരു കോൺടാക്ട് വരണം അവർ ചീത്ത പറഞ്ഞാലും ശരി എന്തെങ്കിലും ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും ശരി സത്സംഗമാണ് അതുകൊണ്ട് സത്സംഗം ഒരു വലിയ അനുകൂലമാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു ഭൂയേവ ശ്രുണു ഹേ മഹാബാഹോ ശൃണു മേ പരമം വച്ച ഈ പരമമായ വാക്ക് ഈ വാക്ക് നാല് പാദങ്ങളെയും തൊട്ടു വരുന്ന വാക്കാണ് ചരി വാക്ക് പരിമിത പദാരി താനി വിദുർബ്രാഹ്മണായ മനീഷ്യണ സദ്ഗുരു ഉപദേശിക്കുമ്പോ ആ വാക്ക് നാഭീഹൃത് കണ്ഠരസന സ്വാനുഭൂതിയിൽ നിന്നും വീര്യവത്തരം ഭവത്തി സ്വാനുഭവത്തിൽ നിന്നും വരുന്ന വാക്ക് ആ ശബ്ദത്തിനൊരു അചിന്യശക്തി ഉണ്ടായി ഉണ്ടാവുന്നു ആ അചിന്യശക്തി ഡയറക്റ്റായിട്ട് അർത്ഥപരിജ്ഞാനം അർത്ഥപ്രകാശം കൊടുക്കാനുള്ള ശക്തി അതിനുണ്ട് അതുകൊണ്ട് ശൃണുമേ പരമം വചാഹ ഞാൻ പറയണ ഈ വാക്ക് നീ കേൾക്കൂ ഇപ്പൊ എന്തിനാ ഭഗവാൻ ഇപ്പത്രക്കും എനക്കിട്ട് പറയണത് അദ്ദേഹം പ്രിയമാണ് യക്ഷ്യാം ഹിതകാമ്യയാം ഗുരുവിന് ശിഷ്യന്റെ അടുത്ത് എന്താ ഇപ്പൊ കിട്ടാനുള്ളത് എന്തെങ്കിലും കിട്ടുന്നു വന്നിട്ടാണോ എന്തെങ്കിലും പ്രയോജനം നിനക്ക് എന്റെ അടുത്ത് പ്രീതിയുണ്ട് എനിക്ക് നിൻറെ അടുത്ത് പ്രിയമുണ്ട് നിനക്ക് പരമഹിതം നല്ലത് വരണം നീ എങ്ങനെങ്കിലും ഈ സംസാരത്തിൽ നിന്നും വിമുക്തനാവണം നാവണം എന്നുള്ള ഒരേ ഒരു കാക്ഷയോടുകൂടെ ഭക്ഷ്യാമി ഹിതകാമ്യാ പ്രിയ കാമ്യ ഹിതകാമ്യ നിനക്ക് ഹിതം വരണം മംഗളം വരണം നല്ലത് വരണം നീ എങ്ങനെങ്കിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകണം വേറെ ഒരു പർപ്പസും ഇല്ല ഭക്തന്റെ അടുത്തുള്ള ഒരു കരുണ ശിഷ്യന്റെ അടുത്തുള്ള ഒരു കരുണ എന്താ ശിഷ്യന് നല്ലത് വരണം മംഗളം വരണം അത് ശിഷ്യനുള്ളതിനേക്കാളും വലുതാണ് അമ്മയെക്കാളും അച്ഛനേക്കാളും ഒക്കെ വലുതാണ് അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്താ അറിയാം കുട്ടിക്ക് പണം സമ്പാദിക്കണം ജോലി കിട്ടണം അമേരിക്കയിൽ പോകണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നില്ല തിരിച്ചു വരുന്നില്ല തിരിച്ചു വരണേ നിങ്ങളെ കൊണ്ട് ആരും പറഞ്ഞേക്കാൻ പറഞ്ഞു നിങ്ങളാണ് എല്ലാം ചെയ്ത് അവനെ പിടിച്ച് ദുരിതത്തിൽ തള്ളി വിട്ടു ഇപ്പൊ അവന് നിങ്ങളുടെ അടുത്തുള്ള വെഞ്ചൻസ് ആണ് തിരിച്ചു വരണേയില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നല്ലതാണോ ചെയ്യണത് ഇഷ്ടം കൊണ്ടാണ് ചെയ്യണത് പക്ഷെ ഹിതമല്ല ഹിതം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഇന്റലിജൻസ് നമ്മൾക്കും ഇല്ല ആ കുട്ടിക്കും ഇല്ല സമൂഹത്തിനും ഇല്ല ഈ വെള്ളിയാഴ്ച ചന്തയ്ക്ക് കൊണ്ടുപോകുന്ന പോത്ത് പോലെ കൂട്ടം പോണ സ്ഥലത്തേക്ക് പോകാത്ര തന്നെ ആ പോത്തിനെ മാറ്റി നിർത്തി നോക്കു നിൽക്കില്ല അത് ആ കൂട്ടത്തിൽ പോയി പഴക്കാണ് അവിടെ കൊണ്ടുപോയിട്ട് കശാപ്പ് കിടക്കാണ് പോണതെങ്കിലും പോത്തിന് ആ കൂട്ടം വിട്ട് നിൽക്കാൻ അറിയില്ല ആ കൂട്ടത്തിൽ കൊണ്ടുപോയി ഓരോ പോത്തിനെ വെട്ടുമ്പോഴും മറ്റു പോത്തുകൾ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കും അറിയില്ല ഇതാണ് സൊസൈറ്റിയുടെ മൂവ്മെന്റ് അല്ലേ എവിടെയൊക്കെയോ പോണു എന്ത് ബ്ലണ്ടറാണ് ചെയ്യണത് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇതിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല അവരും ലൌകിക മനുഷ്യരാണ് അവരുടെ ആരാധനാ ദൈവങ്ങൾ അവർക്ക് ഋഷികളും അധ്യാത്മാചാര്യന്മാരും ഒക്കെ പോയി അവർക്ക് ഈ സമൂഹത്തിലുള്ള വീണ്ടും നമുക്ക് സമൂഹത്തിന്റെ റെക്കഗ്നീഷനാണ് നമുക്ക് മുഖ്യം നമ്മുടെ അന്തര്യാമിയോ ഋഷികൾ പറഞ്ഞ മാർഗമോ ഒന്നുമല്ല നമുക്ക് മുഖ്യം ഇപ്പോഴും നമുക്ക് മുഖ്യം എന്താ സൊസൈറ്റിയിൽ നിന്ന് പേര് കിട്ടണം സൊസൈറ്റിയിൽ നമ്മളെ നല്ലത് പറയണം സമൂഹം ഇസ് ഫീൽഡ് വിത്ത് ഇഗ്നറന്റ് പീപ്പിൾ ഹു ഡോണ്ട് ഡു എനിത്തി അബൌട്ട് ഹയർ വാല്യൂസ് അവരെ പുകഴ്ത്തണം എന്ന് പറഞ്ഞാണ് അധ്യാത്മ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നത് അതാണ് അന്ധപരമ്പരയും സംസാര സരണീ കുരുടന്മാരുടെ ഘോഷയാത്ര കണ്ണു കാണാതെ അവരുടെ കൂട്ടമായിട്ടുള്ള യാത്ര എവിടെ പോയി നിൽക്കും ഹിതകാമന ആർക്കല്ല ഹിതമറിയുന്ന ഋഷികൾ പറയുന്നു വേദം പറയുന്നു പറയുന്നു നമ്മളെ കൊണ്ട് വിട്ടു നിൽക്കാൻ പയ്യ മാസ് നമുക്ക് വി കനോട്ട് ഗോ ഔട്ട് മാസ് എവിടെ പോണോ അവിടെയാണ് മാസിനൊരു എനർജി ഉണ്ട് ഒരു ഫോഴ്സ് ഉണ്ട് ഇറ്റ് വിൽ കമ്പൽ യു ടു അലവെള്ളം പോലെയാണത് അടിച്ചുകൊണ്ടു അപ്പൊ അതിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നമുക്കൊരു ആലംബമാണ് ഗുരുവിന്റെ വചനം ഗുരു പറയണു പ്രിയമാണായ ഭക്ഷ്യാമി നിന്റെ അടുത്ത് എനിക്കൊരു പ്രിയമുണ്ട് നിന്റെ അടുത്ത് നാലണ കാശ എനിക്ക് വേണ്ട നിന്റെ അടുത്ത് നിന്ന് യാതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിനക്ക് ശ്രേയസ് വരണം മംഗളം വരണം വേണമെങ്കിൽ സാധിക്കുമെങ്കിൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ വലിയ ഒരു നിധി ഉണ്ട് ഇവിടെ ജ്ഞാനുണ്ട് ഇത് എടുത്തോളാം രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോയിക്കോളാം നിനക്ക് ഹിതം ശ്രേയസ് വരണം ശുഭം വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ചില വാക്കുകൾ ഞാൻ പറയുന്നു പ്രൗഢപ്രൗഢ നിജാനുഭൂതി ഗളിത ദ്വൈതീന്ദ്രജോ ഗുരു ഗൂഢൂമൗഗുഷ്ടുധിയാധീഷിന് സ്വാൻപത്തെ സമ്യഗിഹാഭൂതമോധ്യം സംസ്മൃതമസ്ത ജൈജം നിജലോകന സദ്ഗുരു ശിഷ്യനെ അനുഗ്രഹിക്കാനായിട്ട് താൻ ഹൃദയത്തിൽ അനുഭവിച്ചിരിക്കുന്ന സത്യത്തിനെ ഓർത്തു പുറമേക്ക് പറഞ്ഞു ഇതില് കുഞ്ഞെ അല്പം പോലും സംശയം ഉണ്ടാവാതിരിക്കട്ടെ മംഗളം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഹേ സൗമ്യ ഞാനിത് പറയുന്നു ചെലപ്പോ ചീത്ത പറയും അതും കരുണ അല്ലേ ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമി വാതുല കിം ഏ ആ ഒരു വഷളൻ നിന്നെ നിയമനം ചെയ്യാൻ ആരും ഇല്ലേടോന്നു എനിക്ക് വഴി നടത്താൻ ആരെയും ഋഷി പരമ്പരാ ജാത്തൻ പരമ്പര മറന്നുപോയി ചിലപ്പോ ചീത്ത പറയേണ്ടി വരും എപ്പോഴൊന്നും കൊഞ്ചി ലാളിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോ ചീത്തയും പറയേണ്ടി വരും ഹീത്തകാമ്യ എന്തിനാ ചീത്ത വരണം പറഞ്ഞിട്ടാണ് അമിണാശ്രമത്തില് എവിടെ നോക്കിയോ ആളുകൾ വരും വെസ്റ്റേൺ അമേരിക്കയിൽ നിന്ന് ഒരു കുട്ടി പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടി എങ്ങനെ ഒരു പരമഭക്തിയോടെ ജ്ഞാനത്തോടെ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് ഫെയ്ത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്കീം തന്നെ തുടങ്ങിയവരിപ്പോടെ ശ്രദ്ധ വിശ്വാസം പോയി പോവാൻ പാടില്ല പറഞ്ഞിട്ട് സ്കൂളിൽ വിടില്ല കുട്ടികളെ സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ കുട്ടിക്ക് ഇതിലുള്ള വിശ്വാസമൊക്കെ പോയി പോകുന്ന പറഞ്ഞ് ഹോം സ്കൂളിംഗ് അങ്ങനെയൊക്കെ വളർന്ന കുട്ടിയാണ് അവിടെ നിന്ന് മഹർഷിയുടെ ഉപദേശം ഇതൊക്കെ അറിഞ്ഞിട്ട് എല്ലാം വിട്ട് വന്നു അങ്ങനെ ഇരിക്കും അങ്ങനെ ചിലരെയൊക്കെ കാണും നമ്മൾ ഒരു സൈഡ് ഒരു വെള്ളം മുണ്ടു കൊടുത്ത് മേലൊരു തുണ്ടു ഇട്ട് എവിടെയോ ജനിച്ചവര് അവിടെ അങ്ങനെ ധ്യാനസ്ഥിതരായിട്ടും ആത്മവിചാരം അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റും കാണും നമ്മളുടെ നാട്ടുകാര് ഋഷി പരമ്പരാജാത ഇവിടെ ഉള്ള ആളുകള് അവിടെ ഇവിടെ ഒക്കെ പോയി ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ബർമഡോസ് ഇട്ടിട്ട് വന്നു ഓ ദിസ് സമാധി അല്ലെ ചിലപ്പോ രണ്ടെണ്ണം കൊടുക്കണമെന്നാണ് തോന്നുന്നത് അവരെ കാണുമ്പോ വാതുലക്കിം നിയന്ത അവരെ എന്തു ചെയ്യും പറയാം എവിടെ പോയി ലാളിക്കാൻ പറ്റോ കൊഞ്ചാൻ പറ്റോ ഒരു സംസ്കാരം ഈ ഋഷിപരം ഒരു സംസ്കാരവും ലാഭം കിട്ടാത്ത ആളുകളെ ഇതിലേക്ക് വന്ന് നിക്കുന്നു ഈ സംസ്കാര പരമ്പരയിൽ വന്നവനൊക്കെ നഷ്ടപ്പെടുത്തി കളയുമ്പോ അവനെന്താ പറയണ്ട് അയ്യായിരം വർഷമായിട്ടുള്ള സംസ്കാരം അമ്പത് വർഷം കൊണ്ടൊക്കെ കളഞ്ഞു അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു നിനക്ക് ഹിതം വരണം നല്ലത് വരണം എന്ന് പറഞ്ഞിട്ടാ പറയണപ്പോ എനിക്ക് യാതൊരു ഉദ്ദേശമില്ല ഭൂയേവ മഹാബാഹു ശൃണുമേ പരമം വചഹ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭാഗവതത്തില് ഉദ്ധവര് ഭഗവാന്റെ അടുത്ത് ഭാഗവതം കേൾക്കുമ്പോ ഏകനാഥസ്വാമി പറഞ്ഞു കൃഷ്ണൻ സാധാരണ രണ്ട് കൈയേ ഉള്ളൂ ഉദ്ധവരുടെ അടുത്ത് പ്രിയം വന്നത്രേ ഈ ബ്രഹ്മവിദ്യ ഉപദേശിക്കുമ്പോൾ അപ്പൊ പ്രിയം കൊണ്ട് നാല് കൈ വന്നു എന്നാണ് എന്തിനാണെന്ന് വെച്ചാൽ ഉദ്ധവരെ ആലിംഗനം ചെയ്യാനായി എനിക്ക് അത്ര ഇഷ്ടാണ് ന തഥാമേ പ്രിയതമ ആത്മയോനി ന ശങ്കര ന ശങ്കർഷനോ നൈവശ്രീഹി നത്മാ യഥാഭവാൻ എന്താ ഈ പ്രിയത്തിന് ഹേതു മൂലം എന്താ കാരണം എന്താ നീ ഭാഗവതം കേൾക്കണുന്ന് ഈ ബ്രഹ്മവിദ്യ നീ കേൾക്കണു പരമ അനുഗ്രഹം ചെയ്തിരിക്കണമെന്ന് ഈ ശ്രവണം ചെയ്യണത് അതുകൊണ്ട് പ്രിയമാണായ നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് തൊമ്മേ പ്രിയതമഹ പ്രേഷ്ടതമഹ മൈത്രേയുടെ അടുത്ത് യാജ്ഞവൽക്യൻ ബൃഹധാരണയൊക്ക ഉപനിഷത്തിൽ പറഞ്ഞു ഹേ മൈത്രേ അരേ മൈത്രേ നീ എനിക്ക് ഏറ്റവും പ്രേഷ്ടതമയാണ് പ്രിയതമയാണ് എന്താന്ന് വച്ചാൽ ഈ ബ്രഹ്മവിദ്യ ചോദിച്ചുവല്ലോ യത്യഹം പ്രിയമാണായ ഭക്ഷ്യാമി ഹിതകാമയാ നമാം ഇവിടെ പറഞ്ഞ് ഭഗവാൻ എനിക്ക് പറയാം എന്ന് പറഞ്ഞ് ഈ വിഭൂതി യോഗത്തിനെ ആരംഭിക്കുകയാണ് അർജുനന് ഭഗവാന്റെ സ്വരൂപജ്ഞാനം ഉണ്ടാവണം ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവണം അപ്പൊ ഭഗവാൻ പറയാണ് അർജുന എന്നെ അറിഞ്ഞവരാര ഉള്ളത് നമേ വിദുഹു സുരഗണ പ്രഭവം നമ ഹർഷയ അഹമാതിർഹി ദേവാനാം ംച്ച സർവശ ഭഗവാന് ആരറിഞ്ഞിരിക്കുന്നു നമേ വിദുഹു സുരഗണ ഹേ അർജുന ദേവന്മാരാരും എന്നെ അറിയില്ല എവിടെയൊക്കെ ഭഗവാൻ ഞാൻ എന്ന് പറയുമ്പോ ആ പൂർണ്ണ അഖണ്ഡപൂർണ്ണ വസ്തുവായിട്ട് തന്നെയാണ് തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി അല്ല നമേ വിധുസ്വരഗണാഹ ഈശ്വരവചനമായിട്ട് എന്നെ ദേവന്മാരാരും ശരിക്കും ഒന്നും അറിഞ്ഞിട്ടില്ല പ്രഭവം ന മഹർഷയ മഹർഷികളും ഈ ദേവന്മാർക്കും മഹർഷികൾക്കുമൊക്കെ ഞാൻ ആദിയാണ് അഹമാതിർ ഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്നുവെച്ചാൽ ഈ ദേവന്മാരും മഹർഷികളും ഒക്കെ നിന്നും സ്ഫുലിംഗം പോലെ ആ അധിഷ്ഠാനത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് യഥാ പ്രദീപ്താത് പാവകാത് വിസ്ഫുലിംഗാ സഹസ്രശ പ്രഭവന് തഥാക്ഷരാവാഹിയന്ത് അഗ്നിയിൽ സ്ഫുലിംഗം പോലെ നമ്മളുടെ വേദം തന്നെ പറയണത് ഈ വിദ്യകളൊന്നും ആരെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചതല്ല ഭഗവാൻ തന്നെ മഹർഷികളെയൊക്കെ ആദ്യം തന്നെ അത്രി പുലഹൻ പുലസ്ത്യൻ മരീച്ചി മുതലായ മഹർഷികളെയൊക്കെ ഭഗവാൻ ദേവർ ആൾ മാനിഫെസ്റ്റേഷൻസ് ശരിക്കും ഇപ്പോഴും അവരൊക്കെ ഉണ്ടെന്നാണ് ആദിവാഹിക ശരീരത്തിലെ ആർക്കെങ്കിലുമൊക്കെ സാധനാ വിഷയമായി എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ഈ നിത്യസൂരികളൊക്കെ എപ്പോൾ വേണമെങ്കിലും ദർശനം തരുമ്പോൾ മാധ്യവസമ്പ്രദായത്തിൽ അവർ നിത്യസൂരി എന്ന് പറയും ഇതൊക്കെ അദ്വൈത സമ്പ്രദായത്തിൽ ഇതൊക്കെ ഉള്ളിലടക്കമാണ് സൂത്രഭാഷ്യത്തില് ആചാര്യസ്വാമി യാവത് അധികാരം അവസ്ഥിതി ആധികാരി കാണാം എന്ന സൂത്രത്തില് ഇവരെയൊക്കെ പറയുണ്ട് ഈ ഋഷികളൊക്കെ എപ്പോഴുണ്ടെന്ന് അപ്പൊ ഈ ഋഷികളും ദേവന്മാരും ഒക്കെ ഭഗവാന്റെ തന്നെ ആവിർഭാവമൂർത്തികൾ മാനിഫെസ്റ്റേഷൻസ് മാത്രമാണ് പക്ഷേ ആ മാനിഫെസ്റ്റേഷൻ ഒക്കെ കടലാണ് ആ പൂർണ്ണവസ്തു ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ പരമാത്മാ അതിന് വിദു എല്ലാരും ഒന്നും അറിയണില്ല അഹമാതിർി ദേവ മഹർഷീണ നാരായണ പരോവ്യക്തമ്യക്തസംഭവം അണ്ടസ്യന്തസ്തു മേ ലോക സപ്തദ്വീപേ നാരായണൻ ആദിപുരുഷൻ ആ ഭഗവാൻ ദേവന്മാർക്കും മഹർഷികൾക്കുമൊക്കെ സോർസാണ് മഹർഷികളൊക്കെ ആശ്രയിച്ച് ആ സോഴ്സിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഭഗവാന്റെ വൈഭവത്തിനെ അറിയാൻ അർജുനന് ഒരു ഔത്സുഖ്യുണ്ടാവും അപ്പൊ ഭഗവാൻ പറയു അടുത്ത ശ്ലോകം നോക്കാം വേത്തിലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥു സർവപാപ്രമുച്യത്തെ ഭജോവിന്ദത്തില് ആചാര്യസ്വാമികൾ മൂഢമതി എന്ന് വിളിച്ചു അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് മൂഢമതി അല്ലാതെ എങ്ങനെ ആവാം എന്തോ ജനറ്റിക് പ്രോബ്ലം മൂഢമതിയായി പോയി രോഗത്തിൽ ജീവിച്ചാൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും മൂഢബുദ്ധി ചളിയാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം ആവാൻ ശരീരത്തിലെ ചളിയാവാൻ ചളി പറ്റി പിടിക്കാനായിട്ട് വല്ലതും പ്രയത്നിക്കണോ വെറുതെ ഇരുന്നുകൊണ്ടേ ഇരുന്നാൽ മതി വൈകുന്നേരം ആകുമ്പോഴേക്കും ചളിയാവും വൃത്തിയാവണമെങ്കിലാണോ കുളിക്കേണ്ടത് അല്ലെ ചളിയാവാൻ ഒന്നും മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ ഇരുന്നുകൊണ്ടേ ഇരുന്നാൽ ചളിയാവും വൃത്തിയാവണമെങ്കിൽ കുളിക്കണം ശുദ്ധാവണമെങ്കിൽ കുളിക്കണം അല്ലേ അപ്പൊ അതേപോലെ മൂഢബുദ്ധിയാവാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ ജനിച്ച് ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോണ വഴി പോയിക്കൊണ്ടേ ഇരുന്നാൽ ഒരു ഡിഗ്രി കിട്ടും മൂഢബുദ്ധി ഗ്രാജുവേഷൻ മൂഢബുദ്ധിയില് പോസ്റ്റ് ഗ്രാജുവേഷൻ മൂഢബുദ്ധിയില് പി എച്ച് ഡി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം നമുക്ക് ഈ മൗഢ്യം എങ്ങനെ പോകും മൂർഖത അജ്ഞാനം എങ്ങനെ പോകും യോ മാം അസം യോ ജാനാത്തി എന്നെ ഇങ്ങനെ അറിയണം എങ്ങനെ അസംമൂഢ അവൻ മൂഢനല്ല ആരാ വേത്തി ലോകമഹേശ്വരം പിന്നെ ലോകമഹേശ്വരനായിട്ട് ആരറിയുന്നു യോ മാമയവം അസം മൂടോ വേത്തിലോകമഹേശ്വരം എങ്ങനെയാ അറിയണത് അജമനാദിം ജനനമില്ലാത്തതായിട്ടും ആദിയില്ലാത്തതായിട്ടും അറിയണം എന്നുവെച്ചാൽ എങ്ങനെ അറിയും ആത്മാവായിട്ട് അറിയണം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അല്ലേ പുറമേ ഒരു വസ്തുവായിട്ട് അറിയാൻ പറ്റില്ല ബേസിക് ആയിട്ടുള്ള ഒരു എറർ ഇൻ അവർ നോളജ് ഈസ് ദോസ് ബോൺ ബർത്ത് ഡേ ഇതൊക്കെ മെന്റലാണ് മെന്റലാണ് നോക്കൂ പഴയ ജോലിക്കാർ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ പണിക്കാർ പണ്ടൊക്കെ അവരോടൊക്കെ എപ്പോഴാണ് പറഞ്ഞ ചോദിച്ചോ ഒന്നും അറിയില്ല എത്ര വയസ്സായി തൊങ്ങനെ ആയി പറയും പാലക്കാട് ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുകയെന്നറിയില്ല ായി വയസ്സ് ആയി ചോദിച്ച തൊങ്ങനായിരുന്നു നിങ്ങളെവിടെയൊക്കെ ഉണ്ടോ എന്ന് പറയൂ നിങ്ങളുടെ ഭാഷ പിന്നെ നമുക്ക് മനസ്സിലാവുകയില്ലേ കണ്ണൂർ സൈഡ് പോയാ തൊങ്ങനായിരുന്നു എത്ര വയസ്സ് ആർക്കും അറിയില്ല ഒരാളായിരുന്നർത്ഥം വയസ്സും അറിയില്ല പറഞ്ഞതും അറിയില്ല ഏത് സമയാണെന്ന് അറിയില്ല ഇതൊക്കെ കുറച്ച് കുറച്ച് ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച ആളുകളാണ് ഇന്ന ഡേറ്റ് ജാതകം നക്ഷത്രം ഇപ്പോ ബർത്ത്ഡേ അതിപ്പോ മൊബൈലുകാർക്ക് മുഴുവൻ നമ്മുടെ ബർത്ത്ഡേ അറിയാം കമ്പനിക്കാർക്കൊക്കെ അറിയാം സകല ആളുകൾക്കും അറിയാം ഏറ്റവും വലിയ നുണയാണ് ഞാൻ ജനിച്ചു ഇനിയിപ്പോ ജനിച്ചു എടുത്തോളൂ വാസ്തവത്തിൽ ജനിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഈ ഗർഭത്തിന്ന് പുറത്തു പറയുന്ന ജനനത്തിനെയാണ് പറയണത് കൺസീവ് ആകുമ്പോ തന്നെ ഗർഭത്തിൽ ജനിച്ചില്ലേ അപ്പൊ അതാരണക്കിലെടുക്കും ശരി അതിനു മുമ്പ് എന്തായിരുന്നു അത് ആ ബീജം അതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ലേന്ന് ചോദിച്ച ജനനമേ ഇല്ല ആർക്കെങ്കിലും ജനിച്ചതോ ഓർമ്മയുണ്ടോ അഥവാ ജനിച്ചത് മീൻസ് വാട്ട് വാട്ട് ഡസ് മീൻ ഇസ് ഇറ്റ് യുവർ ഹാപ്പനിങ് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാവുകയാണോ അഥവാ ആ അനുഭവം ഇല്ലാത്തൊരു സ്റ്റേറ്റ് ഉണ്ടോ ഗീത തുടങ്ങണതേ ഭഗവാൻ അങ്ങനെയാണ് നമ്മളാരും ഇല്ലാത്തൊരു സ്ഥിതി ഇല്ല ഇല്ലാത്തൊരു സ്ഥിതി വരാൻ പറ്റില്ല എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അസതഹ വിദ്യത്തെ ഭാവോ വിദ്യത്തെ സതഹ സത്തിന് അഭാവം ഇല്ല ഞാൻ ഉണ്ട് ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്മ അസ്തിത്വം ഇരുപ്പ് നിലനിൽപ്പ് ബോധം നിരന്തരം അതിന്റെ സ്വരൂപം തന്നെ ഉണ്മയാണ് സത്ത് ചിത്ത് സുഖം സത്തയാഹി ചിത്ത് ചിത്തയാഹി അഹം സത്ത് തന്നെ ചിത്ത് ചിത്ത് തന്നെ അഹം അതെപ്പോഴും ഉണ്ട് അത് അജം ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവത്തിന്റെ സ്വരൂപം തന്നെ അതാണ് അതിനെ അറിയുമ്പോ അജം അത് എപ്പത്തുടങ്ങി അനാദിം അതെന്താണ് അതിന്റെ ലോകമഹേശ്വരം അത് ഈ ജീവനൊന്നുമല്ല ആ വസ്തുവിലാണ് ഞാൻ എന്ന് അഹന്ത ദേവതയായിട്ടോ ഋഷിയായിട്ടോ മനുഷ്യനായിട്ടോ പ്രാണികളായിട്ടോ ഒക്കെ നിന്ന് അസ്തമിക്കുന്നത് അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച അതാണ് ആദി ആദിബീജം തുറാമിലെ ഒരു അഭംഗുണ്ട് ആദിബീജ ആദിബീജം ഏകമായ അദ്വയമായ ബീജം ബീജം മാം സർവഭൂതാം വിധി പാർത്ഥ സനാതനം ആ സനാതനമായ ബീജം അതെല്ലാവരുടെ ഉള്ളിലുണ്ട് അന്തര്യാമിയായിട്ടുണ്ട് ബോധമായിട്ടുണ്ട് അതിലാണ് ഈ അഭിമാനം എന്ന് പറയുന്ന വ്യക്തിത്വം അഹന്ത ജീവൻ ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് ഫ്ലിക്കേഴ്സ് ആൻഡ് ഇറ്റ് ഡിസപ്പിയേഴ്സ് ഉദിച്ചു നിന്നു അസ്തമിക്കണം ഈ ഉദിച്ചു നിന്ന് അസ്തമിക്കണത് കൊണ്ടൊന്നും ആ ഇരുപ്പിന് ആ ആദിബീജത്തിന് ആ ബോധത്തിന് ഒരു മാറ്റവുമല്ല ഇൻകറപ്റ്റബിൾ സ്ക്രീനിൽ എന്തൊക്കെ സിനിമ വേണമെങ്കിൽ വരട്ടെ സ്ക്രീനിൽ വലുതും ആവോ സ്ക്രീനിൽ മഴ പെയ്യട്ടെ സ്ക്രീൻ നനയില്ല സ്ക്രീനിൽ തീ പി സിനിമയിൽ തീ പിടിക്കട്ടെ സ്ക്രീനിൽ തീ പിടിക്കില്ല സിനിമയിൽ യുദ്ധം നടന്നതുകൊണ്ട് സ്ക്രീൻ ഒന്നും ആവില്ല അതുപോലെ ആ ഇരുപ്പ് ഉണർവ് ബോധം യാതൊന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ നിൽക്കണു അത് ഈശ്വരനാണ് മഹേശ്വരനാണ് അത് ജീവന്റെ അല്ല ബോധം എന്ന് പറയണത് ഈശ്വരന്റെ സാന്നിധ്യമാണ് ജീവൻ അതിൽ ഉദിച്ച് നിന്ന് ലയിച്ചു കൊണ്ടിരിക്കുന്നു ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിലീയത്തെ ജന്മാദ്യ അതിൽ ഉദിക്കുന്നു നിൽക്കണു അടങ്ങുന്നു ഉദിക്കണോ നിൽക്കുന്നു അടങ്ങുന്നു പക്ഷെ എതിൽ ഉദിച്ച് നിന്ന് അടങ്ങുന്നുവോ ആ അധിഷ്ഠാനം അതിന് ജന്മമൊന്നുമില്ല അതിന് ഒരു ആരംഭം ഒരു ബിഗിനിങ് ഒന്നുമില്ല ടൈം എന്ന് പറയുന്നത് തന്നെ അതിലൊരു തോന്നൽ മാത്രമാണ് ആരംഭം എന്ന് പറയണത് ടൈമാണ് കാലമാണ് കാലം അതിലൊരു തോന്നൽ കാലം സ്വഭാവം പ്രകൃതി കർമ്മം ഇതൊക്കെ തന്നെ അതിലൊരു തോന്നലുകളാണ് ആ അധിഷ്ഠാനമായ സത്ത എസെൻസ് ഉള്ളിലുള്ള ബോധത്തിനെ ആരറിയുന്നു അവന്റെ മൗഢ്യം അജ്ഞാനം പോയിപ്പോകുന്നു സർവപാപ്പം ഈ പ്രഭുച്ഛതി പാപമൊക്കെ തന്നെ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചു കൊണ്ടാണ് അഹങ്കാരമുള്ളവരെ പാപുണ്ട് ഞാൻ എന്നുള്ളതുവരെ ഞാൻ ചെയ്യണ കർമ്മം എന്നെ ബാധിക്കും അതിന്റെ നല്ലത് എന്നെ ബാധിക്കും ചീത്ത എന്നെ ബാധിക്കും യഥാ പശ്യ പശ്യത്തെ രുക്മവർണം കർത്താറമീശം പുരുഷം ബ്രഹ്മയോനിം തഥാ വിദ്വാൻ പുണ്യപാപേ വിധൂയ ീ ഉപനിഷത്ത് പറഞ്ഞു മുണ്ടക്കോപനിഷ് യഥാ പശ്യ പശ്യാന്ന് വച്ച കാണുന്നവൻ അർത്ഥം കാഴ്ചക്കാരൻ ഋഷിക്ക് പശ്യൻന്ന് പേര് ഋഷി ആരാന്ന് വെച്ചാൽ പശ്യൻ അയാളുടെ ബുദ്ധി പശ്യന്തീ ബുദ്ധിയാണ് അത് കാഴ്ച സൂക്ഷ്മ ദർശനം ക്രാന്തദർശന ബുദ്ധിയാണ് പശ്യന്തീ ബുദ്ധിയാണ് പശ്യാ പശ്യത്തെ തമിഴില് ബ്രാഹ്മണൻ ഋഷി എന്നുള്ളതിന് വാക്ക് പാർപ്പാൻ പാർപ്പാൻ എന്നുവെച്ചാൽ ഋഷി എന്നാണ് അർത്ഥം നോക്കുന്നവൻ അർത്ഥം പാപ്പാൻ പോയി പോയി പാർപ്പാൻ ഋഷി ദർശനശക്തി ഉള്ളവൻ പശ്യന്തി ബുദ്ധിയുള്ളവൻ അവൻ പശ്യത്തെ കാണുന്നു എന്തിനെ രുക്മവർണ്ണം സ്വർണം പോലെ ജ്വലിക്കുന്ന വസ്തു എന്ന് പറഞ്ഞ് ഉപനിഷത്തിന്റെ ഒരു വർണ്ണനയാണ് കർത്താരമീശം പുരുഷം ബ്രഹ്മയോനിം എല്ലാത്തിനും മൂലകർത്താവും ഈശനും പുരുഷനും ബ്രഹ്മമും എല്ലാത്തിനും യോനിയും ആയിട്ടുള്ള അധിഷ്ഠാനമായ അന്തര്യാമിയെ കണ്ടു കഴിയുമ്പോൾ പുണ്യപാപയെ വിധൂയ്യ അവന്റെ പുണ്യവും പോയി പാപവും പോയി നിരഞ്ജന കളം കലേശമില്ലാതെ ഏറ്റവും വലിയ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ സാമ്യം ഉപയോഗി അതാണ് ഞാൻ അതായത് അതയാൾ അതായിട്ട് തീരുന്ന ഈ സീസസ് ടു ബി ദ സിയർ ആൻഡ് ബിക്കംസ് ദ പെർസീവ്ഡ് തിങ് അവർ ഗോസ് ബിയോണ്ട് സീൻ സിയർ ആൻഡ് സീയിങ് പ്രമാണ പ്രമേയ പ്രമാതൃക്കൾക്ക് അതീതമായി പോയി ആ പരമജ്യോതിയോട് സാമ്യമുണ്ടായിത്തീരുന്നു അപ്പോ പുണ്യപാപേ വിധൂയ നിരഞ്ജന കളങ്കലേശമില്ലാത്തവനായിട്ട് തീർന്ന് സാമ്യമോ പൈതീ അതാണ് ഭഗവാനും ഇവിടെ പറഞ്ഞ് എന്നെ അങ്ങനെ അറിയുമ്പോ സർവപാപൈ പ്രമുച്ഛത്തെ അപ്പോ പാപമൊക്കെ പോയി പാപം പോണെങ്കില് ഈ അഭിമാനങ്ങളുടെ നിശേഷം നീങ്ങപ്പെടണം അഭിമാനം നീങ്ങണമെങ്കിലോ അന്തർയാമിയായ ഈശ്വരനെ ജനന മരണമില്ലാത്ത വസ്തുവിനെ അനാദിയായ പൊരുളിനെ അഹമേക്ക് കാണണം കാണുമ്പോ സർവപാപൈ പ്രമുച്ഛത്തെ വിമുക്തനായിട്ട് തീരുന്നു ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലെ ഭഗവാൻ വിഭൂതി യോഗം ആരംഭിക്കുമ്പോ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ എല്ലാ പാപത്തിൽ നിന്നും വിമുക്തി ഉണ്ടാവണു എന്ന് പറഞ്ഞു അപ്പൊ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ എന്താണ് അവിടുത്തെ സ്വരൂപം ഈശ്വരൻ ഈശ്വരൻ എന്നു സഗുണബ്രഹ്മം എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ട് എല്ലാ പിതാഹമസ്യ ജഗത മാതാ ദാത പിതാമ പവിത്രം ഓംകാര നോക്കൂ ആത്മസാക്ഷാത്കാരം ഉണ്ടായി കഴിയുമ്പോ ചിലരുടെയൊക്കെ വിചാരം അയാൾ എന്തോ നിർഗുണ നിരാകാരമായ ഒരു സാധനത്തിനെ സാക്ഷാത്കരിച്ചു പിന്നെ ഒന്നുമില്ല അയാൾക്ക് നിർഗുണമെന്ന് വെച്ചാൽ രസസമുദ്രമാണത് സഗുണം ത്രിഗുണങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ഖണ്ഡിക്കപ്പെടും ത്രിഗുണങ്ങൾ ഇല്ലാത്തതെന്നാണ് നിർഗുണമെന്നുള്ള വാക്കിന് അർത്ഥം അല്ലാതെ ഗുണമില്ലാത്തതല്ല ആനന്ദമില്ലാത്തതല്ല ത്രിഗുണ ബാധയില്ലാത്തത് ആത്മാനുഭവം നേടിയ ജ്ഞാനിക്ക് സർവഗുണസ്വരൂപനായ ഈശ്വരൻ ആത്മാവായി പ്രകാശിക്കുമ്പോൾ അവിടെ ദർ വിൽ ബി കംപ്ലീറ്റ് കംപ്ലീഷൻ ഓഫ് ആൾ ഇമോഷൻസ് അതായത് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു പെർവേഷനാണ് ജ്ഞാനിയുടെ അനുഭൂതിയിൽ ഇമോഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലൊരു ഭിക്ഷയാണ് എനിക്കിത് വേണം അത് വേണം ആരുടെങ്കിലും സ്നേഹം കിട്ടണം എന്താണെന്ന് വെച്ചാൽ ഒരു കുറവുള്ളത് കൊണ്ടാണേ ആരെങ്കിലും സ്നേഹിച്ചിട്ടുമാണ് എനിക്കൊരു സന്തോഷം കിട്ടാൻ ജ്ഞാനിയുടെ നിറവ് അവിടെ പൂർണ്ണമാണ് പിത മാത ബന്ധു ദാത എല്ലാം അവിടെ ഉണ്ട് ഭർത്ത പിതാഹമസ്യ ജഗത മാതാ ധാത പിതാമഹ വേദ്യം പവിത്രം ഓംകാര റി സാമ ഗതിർ ഭർത്താ പ്രഭു സാക്ഷിൻ നിറയെന്ന് പറഞ്ഞാൽ ലൗകികമായി നമ്മൾ ചെറിയ ചെറിയ പിച്ചെ എടുക്കണില്ലേ അല്ലെ അമ്മയുടെ സ്നേഹം അച്ഛന്റെ സ്നേഹം മക്കളുടെ സ്നേഹം പേരക്കുട്ടികളുടെ സ്നേഹം ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹം ആരെങ്കിലും നമ്മളെ റെസ്പെക്ട് ചെയ്യണം അപ്പോൾ സുഖം ഇതൊക്കെ തന്നെ ആത്മാനന്ദ ഉണ്ടാവാത്തത് കൊണ്ടുള്ള പെർവേഷൻസാണ് അതില് ഇതിന്റെ മുഴുവൻ കടൽ അവിടെയുണ്ട് സമുദ്രം അവിടെയുണ്ട് ഈശ്വര ശരീര സമ്പർക്ക അവിടെ ആ ഈശ്വര ശരീരത്തില് എല്ലാം അടങ്ങിയിരിക്കണു അതിനെയാണ് മഹാവിഭൂതി എന്ന് ഭഗവാൻ പറഞ്ഞത് ആത്മസാക്ഷാത്കാരം തന്നെ ഈശ്വര സാക്ഷാത്കാരം ആത്മാ ആത്മസാക്ഷാത്കാരം സഗുണമായ മണ്ഡലത്തില് ജീവൻ മുക്തൻ ശരീരമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായിട്ടിരിക്കണം അവന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത അമ്മ അച്ഛൻ ഭർത്താവ് ഭാര്യ മക്കൾ എല്ലാം ഉണ്ട് ഈശ്വരൻ സമ്പൂർണമായും അവന്റെ അനുഭവ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് ആ ഒരു വിഭൂതിയാണ് ഭഗവാൻ തുടർന്ന് വർണ്ണിക്കുന്നത് ഈ അധ്യായം വളരെ വിശേഷപ്പെട്ടത് അങ്ങനെയാണ് അത് നമ്മള് തുടർന്ന് നാളെ രാവിലെ കാണാം നാളെ രാവിലെ ഏഴുമണിക്ക് വിഭൂതി യോഗം തന്നെയാണ് നമുക്ക് വിഷയം നാളെ കാണാം സത്യം ജ്ഞാനമനന്ത പരമാകാശോണരിഗണലോലമ പരമായാസം മാതാകാരമവനാരം ക്ഷഥമ പ്രണമത ഗോവിന്ദം ോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദ പരമാനന്ദോവിന്ദ പരമാനന്ദ ഭജ ഗോവിന്ദം പരമാനന്ദ മൃത്സ്്രമത്സിഹേട്ടയശോദ താടനശൈശവസന്സം വ്യാദോക ോകച്ചുർദലോകളി ലോകുരമൂല സ്തംഭം ലോകവനോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പര പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിപുവീരഘ്നംഘ്നംഘനം കൈവല്യം നവനംഭു വൈമലയസ്ഫുടേ വിശേഷാഭാസമൈവം കെയലശാത്തം പ്രണമത അധികമായിട്ടും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഇവിടെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം ഉണ്ടാവും അപൂർവമായ ഒരു സംഹിതം കുറേ വർഷങ്ങളായിട്ട് ഉള്ളിക്കടന്നതാണ് അതിപ്പോഴാണ് അത് സാക്ഷാത്തായിട്ട് വന്നിരിക്കുന്നത് കുറെ പുസ്തകം പാലക്കാട് കൊണ്ടുവന്നത് തീർന്നുപോയ അതുകൊണ്ട് ഇവിടെ വീണ്ടും പ്രകാശിപ്പിക്കാം ആത്മതീർത്ഥം എന്ന പേരില് ശങ്കരാചാര്യരുടെ ശങ്കരഭഗവത്പാദരുടെ ജീവചരിത്രം ആസ്പദമാക്കിക്കൊണ്ട് ഭാഗവതം പോലെ കഥകള് സ്തോത്രങ്ങള് ഉപദേശം ആചാര്യസ്വാമിയുടെ ചരിത്രം അതേപോലെ ആചാര്യസ്വാമി എഴുതിയിട്ടുള്ള സ്തോത്രങ്ങൾ അനേക സ്തോത്രങ്ങളുണ്ട് അതോടെ പ്രകരണഗ്രന്ഥങ്ങളും ഭാഷ്യും ഇതിൻ്റെയൊക്കെ സാരമായിട്ട് സംഗ്രഹമായി അത് മലയാളത്തിൽ ഇപ്പോൾ പ്രകാശിപ്പിക്കുകയാണ് തമിഴിലും അധികം വൈകാതെ വരും ഒരു രണ്ടു തമിഴിലും വരും ഒരു വലിയ സംഹിത വലിയ പുസ്തകം അത് ഒരുപാട് പേര് അതിന് പുറകില് തപസ് ചെയ്തിട്ടുണ്ട് അത് വരാനായിട്ട് എന്തായാലും അത് അതിന് നമുക്കൊരു ലാഭം ഉണ്ടായി നമ്മള് അടുത്ത രണ്ട് ദിവസത്തില് അത് പ്രകാശിപ്പിക്കും കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കിട്ടേണ്ട ഒരു മഹാനിധിയാണ് ജ്ഞാനേശ്വരി അവതരിപ്പിക്കുമ്പോൾ സപ്രപഞ്ചത്തിൽ വെച്ചുകൊണ്ടുപോയി അവതരിപ്പിച്ചു അത്രേ അതുപോലെ പ്രകാശിപ്പിക്കേണ്ട ഒരു ദിവ്യഗ്രന്ഥമാണ് അത് നമ്മൾ രണ്ട് ദിവസത്തിൽ ഇവിടെ പ്രകാശിപ്പിക്കും ഹരനമ പാർവതീ പതകേ ഹര മഹാദേവ